സൈന്യങ്ങളുടെ ഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഞാൻ മഹാതീഷ്ണതയോടെ സിയോനുവേണ്ടി എരിയുന്നു ഞാൻ അതിനുവേണ്ടി മഹാക്രോധത്തോടെ എരിയുന്നു യഹോവ ഇപ്രകാരം അരുളിച്ചു ഞാൻ സിയോനിലേക്ക് മടങ്ങി വന്ന് യെരുശിലേമിന്റെ വസിക്കും യെരുശിലേമിന് സത്യനഗരമെന്നും സൈന്യങ്ങളുടെ ഹോവയുടെ പർവ്വതത്തിന് വിശുദ്ധ പർവ്വതമെന്നും പേർപ്പറയും സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഇനിയും എരുശല്യമിന്റെ വീഥികളിൽ വൃദ്ധന്മാരും വൃദ്ധമാരും ഇരിക്കും വർദ്ധക്യനിമിത്തം ഓരോരുത്തൻ കയ്യിൽ വടിപിടിക്കും നഗരത്തിന്റെ വീഥികൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊണ്ട് നിറഞ്ഞിരിക്കും അവർ അതിന്റെ കളിച്ചുകൊണ്ടിരിക്കും സൈന്യങ്ങളുടെ ഹോവ ം അരുളി ചെയ്യുന്നു അത് ഈ കാലത്തിൽ ഈ ജനത്തിന്റെ ശേഷിപ്പുള്ളവർക്ക് അതിശയമായി തോന്നുന്നുവെങ്കിൽ എനിക്കും അതിശയമായി തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ ഹോവയുടെ അരുളപ്പാട് സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ എന്റെ ജനത്തെ ഉദയദേശത്തു നിന്നും അസ്തമയദേശത്തു നിന്നും രക്ഷിക്കും ഞാൻ അവരെ കൊണ്ടുവരും അവർ എരുശിലേമിൽ പാർക്കും സത്യത്തിലും ീതിയിലും അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു സൈന്യങ്ങളുടെ ഹോവയുടെ ആലയമായ മന്ദിരം പണിയേണ്ടതിന് അടിസ്ഥാനമിട്ട നാളിൽ ഉണ്ടായിരുന്ന പ്രവാചകന്മാരുടെ വായിൽ നിന്ന് ഈ വചനങ്ങളെ ഈ കാലത്ത് കേൾക്കുന്നവരെ ധൈര്യപ്പെടുവേൻ ഈ കാലത്തിനു മുമ്പേ മനുഷ്യന് കൂലിയില്ല മൃഗത്തിന് കൂലിയില്ല പോക്കുവരത്ത് ചെയ്യുന്നവന് വൈദ്യനിമിത്തം സമാധാനവുമില്ല ഞാൻ സകല മനുഷ്യരെയും തമ്മിൽ തമ്മിൽ വിരോധമാക്കിയിരുന്നു ഇപ്പോഴോ ഞാൻ ഈ ജനത്തിന്റെ ശേഷിപ്പുള്ളവരോട് മുമ്പിലത്തെ കാലത്ത് എന്ന പോലെയല്ല എന്ന് സൈന്യങ്ങളുടെ ഈ ഹോബിയുടെ വിത സമാധാനത്തോടെ ആയിരിക്കും മുന്തിരിവള്ളി ഫലം കായ്ക്കും ഭൂമി അനുഭവം നൽകും ആകാശം മഞ്ഞ് പെയ്യ്ക്കും ഈ ജനത്തിന്റെ ശേഷിപ്പുള്ളവർക്ക് ഞാൻ ഇവയൊക്കെയും അവകാശമായി കൊടുക്കും യഹൂദഗ്രഹവും ഇസ്രായേൽ ഗ്രഹവുമായുള്ളവരെ നിങ്ങൾ ജാതികളുടെ ഇടയിൽ ശാപമായിരുന്നത് ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ട് നിങ്ങൾ അനുഗ്രഹമായിത്തീരും നിങ്ങൾ ഭയപ്പെടാതെ ധൈര്യമായിരിക്കും സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ കോപിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് പിന്മ വരുത്തുവാൻ വിചാരിക്കുകയും അനുദപിക്കാതിരിക്കുകയും ചെയ്തതുപോലെ ഞാൻ ഈ കാലത്ത് എരുഷലേമിനും യഹൂദാഗ്രഹത്തിനും വീണ്ടും നന്മ വരുത്തുവാൻ നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് സൈന്യങ്ങളുടെ ഹോവ അരുളിച്ചെയ്യുന്നു നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇവയാകുന്നു ഓരോരുത്തൻ താൻ താന്റെ കൂട്ടുകാരനോട് സത്യം പറവീൻ നിങ്ങളുടെ ഗോപുരങ്ങളിൽ നേരോടും സമാധാനത്തോടും കൂടെ ന്യായപാലനം ചെയ്യും നിങ്ങളിലാരും തന്റെ കൂട്ടുകാരന്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കരുത് കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നുകയുമരുത് ഇതെല്ലാം ഞാൻ വെറുക്കുന്നുവല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു നാലാം മാസത്തെ ഉപവാസവും അഞ്ചാം മാസത്തെ ഉപവാസവും ഏഴാം മാസത്തെ ഉപവാസവും പത്താം മാസത്തെ ഉപവാസവും യഹൂദഗ്രഹത്തിന് ആനന്ദവും സന്തോഷവും പ്രമോദമായുള്ള ഉത്സവങ്ങളും ആയിരിക്കണം അതുകൊണ്ട് സത്യവും സമാധാനവും ഇഷ്ടപ്പെടുവേ സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഇനി ജാതികളും അനേക പട്ടണങ്ങളിലെ നിവാസികളും വരുവാൻ ഇടയാകും ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിലേക്ക് ചെന്ന് വരുവൻ നമുക്ക് യഹോവയെ പ്രസാദിപ്പിക്കേണ്ടതിനും സൈന്യങ്ങളുടെ ഹോവയെ അന്വേഷിക്കേണ്ടതിനും പോകാം ഞാനും പോരുന്നു എന്ന് പറയും അങ്ങനെ അനേക ജാതികളും ബഹുവംശങ്ങളും എരുഷലേമിൽ സൈന്യങ്ങളുടെ ഹോവയെ അന്വേഷിപ്പിനും യഹോവയെ പ്രസാദിപ്പിനും വരും സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ആ കാലത്ത് ജാതികളുടെ സകല ഭാഷകളിൽ നിന്ന് പത്തു പേർ ഒരു യഹൂദന്റെ വസ്ത്രാഗ്രം പിടിച്ച് ദൈവം നിങ്ങളോടുകൂടെയുണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കിയാൽ ഞങ്ങൾ നിങ്ങളോടുകൂടെ പോരുന്നു എന്ന് പറയും